സിദ്ധാന്തഭാവം അധ്യാസത്തെ പൂർവ്യക്ഷ്മസ്മ പ്രത്യേകോദരയോ വിഷയവിഷയണോ തമപ്രവാസവൃത്തസ്വഭാവയോ ഇതരിതരഭാവനുഭൂത്തോ സിദ്ധാ തധർമാധരൻ ഇതരെതര ഭാഭൂതി അസ്മത് പ്രത്യേക ചിതാമേ വിഷ്ണു പ്രത്യേകിത് ഭവം പൂർവർഷം താഥി അന്യോനസ് അന്യോനത്മകതം അന്യോനധർമാൻ ച അത്യന്തയോ ധർമ്മധർമ്മിണോ മിഥ്യജ്ഞാന നിമിത്ത സത്യാനു ഹൃദയം അഹമിതം നൈസർഗികം യോഗ പറയുന്നു അധ്യാസങ്ങളുടെ വ്യവഹാരം സംഭവിക്കുന്നു ജീവന്മാരുടെ വ്യവഹാരങ്ങളെല്ലാം അധ്യാസങ്ങളുടെ സംഭവിക്കുന്നു അത് പറഞ്ഞു അന്യോന്യസ്മകഥാം അത്രോന്യസ്മിൻ ധർമ്മിണി ആത്മശരീരാതോ അന്യോന്യസ് പരസ്പരം പരസ്പരം എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ ഒന്ന് ആത്മാവ് മറ്റൊന്ന് ശരീരം അന്ധക്കരണം എന്നാൽ ഇതിൽ പരസ്പര അധ്യാസം താതാത്മ്യം താതാത്മ്യം എന്ന് വെച്ചാൽ വാസ്തവ താതാത്മ്യമല്ല ഭ്രാന്തിയാണ് ശരിക്കും താതാമ്യം സംഭവിക്കുന്നു എന്നല്ല ഇപ്പൊ രണ്ട് ധർമ്മികൾ തമ്മിൽ ഉണ്ടാകുന്ന താതാമ്യ ഭ്രാന്തി ഭ്രമം അന്യോന്യസ്മിൻ ധർമ്മിണി രണ്ട് ധർമ്മികൾ ആത്മശരീരുന്ന ആത്മാവ് മറ്റൊന്ന് ശരീരം ഒരു ജീവന്റെ ആത്മാവിനെയും ശരീരത്തെയും വെച്ചുകൊണ്ടാണ് ഇവിടെ ചിന്തിക്കുന്നത് ശരീരം തൊക്കെ മുതലായാലും അതാണ് അന്യോന്യസ്മിൻ പരസ്പരം രണ്ട് ധർമ്മികളെന്ന് പറയുന്നത് അതാണ് ഇതര അന്യോന്യാത്മകതാം അധ്യസ്യ അഹമിതം ശരീരാദീതി അന്യോന്യസ്മൻ അന്യോന്യാത്മകത അതിനെയും ഇനി വരാൻ പോകുന്ന ഭാഗത്തോട് എന്ന് അന്വേഷിക്കുന്നു അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംജ അധ്യസ്യാണ് അല്ല അധ്യസ്യന്നുള്ളത് അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അധ്യസ്യ അന്യോന്യസ്മിൻ രണ്ട് ധർമ്മികളിൽ ധർമ്മികളെന്ന് പറയുമ്പം എന്തൊക്കെയാണ് ആത്മാവ് ശരീര അത് ധർമ്മങ്ങളുള്ളത് കൊണ്ട് തന്നെ ധർമ്മികളെന്ന് പറയും ആത്മാവിന്റെ ധർമ്മമായിട്ടു പറയുന്നത് ചൈതന്യത്ത് ശരീരത്തിന്റെ ധർമ്മമായിട്ട് പറയുന്നത് ജടത്തും തൂടത്തും തുടങ്ങിയ കാര്യങ്ങൾ ശരീരം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവാണ് അതില് ധർമ്മം ഉണ്ടാകും കാര്യത്തിൽ തർക്കമില്ല കാരണം ജഡമാണ് അതിന് പരിണാമങ്ങൾ സംഭവിക്കും ഇപ്പം ശരീരത്തിൽ ജഡത്തുകൊണ്ട് അത് പാഞ്ചഭൗതികമാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് സ്ഥൂലമാകും അത് കൃശമാകും ഇതെല്ലാം സംഭവിക്കാം ഇപ്പോൾ ശരീരത്തിലും മറ്റും ധർമ്മങ്ങളുണ്ടാവും ഇനി ആത്മാവിന്റെ അങ്ങനെ ധർമ്മം ഉണ്ടാകും ആത്മാവിനെ പറയുന്നത് നിർധർമ്മകമെന്നാണ് ആത്മാവിന് ധർമ്മമൊന്നുമില്ല എന്നാലും ഇവിടെ ആത്മാവിന് ധർമ്മത്തെ സ്വീകരിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആത്മാവിനെങ്ങനെ ധർമ്മത്തെ സ്വീകരിക്കുന്നു ആത്മാവിന്റെ ധർമ്മമായി ചൈതന്യത്തെ സ്വീകരിക്കുന്നു ആത്മാവ് സ്വയം ചൈതന്യമാണ് ചൈതന്യ ആത്മാവ് ജ്ഞാനസ്വരൂപമാണെങ്കിലും ആത്മാവിന്റെ ധർമ്മമായി ചൈതന്യത്തെ സ്വീകരിക്കുന്ന ഉപാധിയുണ്ട് ഈ അധ്യാസം കൊണ്ട് തന്നെ അന്ധക്കരണവുമായിട്ടുള്ള താതാന്യം കൊണ്ട് അതിനെ ആത്മധർമ്മമായി സ്വീകരിക്കും ശരിക്കും പറഞ്ഞാൽ ധർമ്മമൊന്നുമില്ല പക്ഷെ ഇവിടെ ആത്മധർമ്മമായിട്ട് ചൈതന്യത്തെ സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആത്മധർമ്മം ശരീരത്തിൽ ഒന്നുവെച്ചാ ആത്മാവിന്റെ ധർമ്മമായ ചൈതന്യം ശരീരത്തിൽ അധ്യസിച്ചു ആത്മാവിന്റെ ധർമ്മമായിരിക്കുന്ന ചൈതന്യം ശരീരത്തിൽ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ഇതൊരു അനുഭവമാണ് ഈ ശരീരം ചൈതന്യമുള്ളതാണ് എന്നുള്ള അനുഭവം ശരീരത്തിലൂടെ അന്ധകരണത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഓരോ ജീവന്മാരും ബോധമുള്ളവരായിത്തീരുന്നു അപ്പം ശരീരം ബോധമയമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതാണ് പറയുന്നത് ചൈതന്യവത്തായ ശരീരം പഞ്ചേന്ദ്രിയ വഴിയും ശബ്ദസ്പർശരൂപരസന്ധങ്ങളെല്ലാം ശരീരദ്വാരനുഭവിക്കുന്നുണ്ട് ശരീരത്തിനും അനുഭവിക്കുന്നുണ്ട് ശരീരത്തിൽ ചൈതന്യം അതാണ് ആത്മശരീരാതോ ആത്മാവിനും ശരീരത്തിനും അന്യോന്യാത്മകത അദ്ധ്യസിയ ആദ്യം ആത്മാവും ശരീരവും തമ്മിലുള്ള താതാന്യം വരുന്നു പിന്നെ ആത്മധർമ്മങ്ങളും ശരീരധർമ്മങ്ങളും തമ്മിലുള്ള താതാന്യം വരുന്നു ധർമ്മി അധ്യാസപൂർവകം ധർമ്മധ്യാസമാണ് ധർമ്മി അധ്യാസപൂർവകമാണ് ധർമാധ്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം ധർമ്മി അധ്യാസം നടക്കും അത് കഴിഞ്ഞാൽ എന്തു വരുത്തുള്ളൂ ധർമ്മധ്യാസം ധർമ്മി അധ്യാസം എന്ന് പറയുമ്പോൾ ആദ്യം ശരീരവും ആത്മാവും തമ്മിലുള്ള താതാമ്യം സംഭവിക്കുന്നു താതാമ്യം എന്ന് പറഞ്ഞാൽ താതാമ്യ ഭ്രാന്തി സംഭവിക്കുന്നു ആശോത്രം അങ്ങനെ ഒരു താതാമ്യം സംഭവിക്കുന്നില്ല പക്ഷെ ഓരോരുത്തർക്കും അങ്ങനെയൊരു താതാന്യ ഭ്രാന്തി ഉണ്ടാവും അതിനാണ് എന്തു പറയുന്നത് ധർമ്മി അഭ്യാസവും അതാണ് അന്യോന്യസ്മിൻ അന്യോന്യാത്മകത അന്യോന്യസ് രൂപ അത് അധ്യസിക്കുന്നു ശരീരാദവും അന്യോന്യാവും ശരീരാദത്തെ അധ്യാസത്തിന്റെ രൂപം എങ്ങനെയാണ് അഹമിതം ഇവിടെ പറഞ്ഞു അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്ധ്യസ്യ എന്ന് പറഞ്ഞിട്ട് അന്യോന്യത്മകതാം അന്ധ്യസ പിന്നെ അന്യോന്യധർമാംശാദ്യ അപ്പൊ അന്യോന്യാത്മകതാം അധ്യസ്യ രണ്ട് കാര്യങ്ങളാണ് അന്യോന്യാത്മികത അന്യോന്യ അഭ്യാസം സംഭവിക്കുന്നു മറ്റൊന്ന് അന്യോന്യധർമ്മങ്ങളുടെ അധ്യാസം സംഭവിക്കുന്നു ധർമ്മികളുടെ ആത്മാഅ അനാത്മാക്കളുടെ അധ്യാസം സംഭവിക്കുന്നു പിന്നെ ആത്മധർമ്മങ്ങളുടെയും അനാത്മധർമ്മങ്ങളുടെയും അഭ്യാസം സംഭവിക്കുന്നു താതാത്മ്യം സംഭവിക്കുന്നു അല്ലെങ്കിൽ താതാത്മ്യഭ്രാന്തി സംഭവിക്കുന്നു അതിൽ അന്യോന്യാത്മകത അതിനുദാഹരണമാണ് അടുത്ത് പറഞ്ഞത് അഹമിതം എന്ന് പറഞ്ഞു അതാണ് അന്യോന്യത് അഹമിതം എന്ന് അഹം എന്ന് പറയുന്ന ആ ബുദ്ധി അഹംബുദ്ധി അത് ബോധമാണ് അത് ശരീരത്തിൽ വരും അഹം എന്ന് പറയുന്ന ബോധം ശരീരത്തിൽ വരുന്നതാണ് ധർമ്മ്യധ്യാസം അഹമെന്ന് ശരീരത്തിൽ വന്നു ഇതം അഭേദമായിട്ടാണ് പറയുന്നത് അഹം ഇതം ഞാൻ ഇത് അല്ലെങ്കിൽ ഈ ഞാൻ ഞാൻ എന്ന് പറയുന്നത് ചൈതന്യമാണ് ഇതെന്ന് പറയുന്ന ജഡമാണ് രണ്ടിനുടെ അഭേദമായി നന്നായി പറയുന്നു ഈ ഞാൻ എന്ന് പറയുന്നു അഹമിതം ഈ ഞാൻ എന്ന് പറയുന്ന ഒരു ബുദ്ധി ശരീരത്തിൽ അതാണ് അഹമിതം അവിടെ പറയുന്നത് ഇതം എന്ന് പറഞ്ഞാൽ ശരീരാതീതി ശരീരം അന്ധക്കരണം കൂടെ നാം വരുന്നു ഇതം ഈ ഞാൻ അപ്പൊ ശരീരവും ആത്മാവും തമ്മിലൊരു താദാത്മ്യ അധ്യാസം വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയാം അഹമിതം ഈ ഞാൻ ആർക്കെങ്കിലും ഈ ഞാനൊന്ന് ശരീരത്തിൽ അനുഭവം ഉണ്ടാകുമെന്ന് ചോദിച്ചാരില്ല സാധാരണ അങ്ങനെയല്ല ഉണ്ടാകുന്നത് മറിച്ച് എന്റെ ശരീരമൊന്നും അല്ല ഈ ശരീരം എന്നാരും പറയാറില്ല എന്റെ ശരീരമെന്ന് പറയാറില്ല അപ്പൊ പിന്നെ അനുഭവത്തിൽ ഈ ശരീരം എന്നുള്ളത് ഇല്ലെങ്കിലും അധ്യാസം കൊണ്ട് താതാമ്യത്തെ ഇങ്ങനെ വിശദീകരിക്കും അതാണ് ഇതമിതിജ വസ്തുത വാസ്തവത്തിൽ ഇത് സംഭവിച്ചിരിക്കുകയാണ് ആത്മാവും ശരീരവും തമ്മിൽ താതാമ്യം വാസ്തവത്തിൽ സംഭവിച്ചു അതാണ് ഇതമിതിജ വസ്തുത വാസ്തവത്തിൽ അങ്ങനെ സംഭവിച്ചു അസംഗീതം പ്രതീതത അനുഭവം കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത് എന്ന് പറഞ്ഞ സാറിന പറയുന്നു പ്രതീതി നിന്നിട്ടനുഭവം അവിടെ എന്റെ ശരീരം എന്നാണ് പറയുന്നു പിന്നെ ഈ ഞാനൊന്നും പറയാറുണ്ട് അവിടെ ഈ എന്ന് പറയുന്നത് ശരീരത്തേണെന്ന് പറയാം പക്ഷെ ആരും തന്നെ ഇത് ശരീരം എന്ന് തന്നെ കുറിച്ച് പറയാറില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതം അഹം ഇതം ഈ ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം ശരീരത്തിൽ ഒരു ബോധം വന്നിട്ട് ഈ ഞാൻ എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ ശരീരം എന്ന് പറയാം അതാണ് ഇതം ഇത് ചതം ഇത് ശരീരം എന്നങ്ങനെ ആരും പറയാറില്ല വസ്തുത പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയാണ് ഈ ശരീരം എന്ന് പറയുമ്പോൾ ഇത് ശരീരം എന്നാണ് പക്ഷെ നമ്മൾ അങ്ങനെ ആ തരത്തിൽ വാസ്തവത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ അനുഭവിക്കുന്നില്ല അതാണ് ഇന്ന പ്രതീറ്റ് ഇതം ശരീരം എന്നങ്ങനെ ആരും പറയാറില്ല ദ്ദേഹത്തിന്റെ അഭിപ്രായം അല്പം മാറ്റിയിട്ട് ഈ ശരീരം എന്ന് അങ്ങനെ പറയാറുണ്ട് ഈ ഞാനെന്ന് പറയാം അങ്ങനെയും പറയാം നമ്മളിദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അപ്പോ രണ്ട് ധർമ്മികൾ തമ്മിലുള്ള ശരീരവും ആത്മാവും തമ്മിലുള്ള പാദാമ്യം വരുമ്പോഴാണ് ഞാൻ ഈ ഞാൻ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ശരീരത്തിനെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് ആത്മാരിഹിക്കണം അവിടെ മൂലത്തിൽ പറഞ്ഞു അഹമിതം മമ ഇതെന്റേത് ഇത് നൈസർഗികവും ലോകവ്യവഹാരം ഈ ലോകവ്യവഹാരം നൈസർഗികമായിരിക്കുന്ന ലോകവ്യവഹാരം അത് വിശദീകരിക്കുന്നു ലോകവ്യവഹാരം ലോകാനാം വ്യവഹാരം ലോകത്തിന്റെ വ്യവഹാരം മനുഷ്യരുടെ വ്യവഹാരം സച്ച ലോകം തുറന്നു കേവലം മനുഷ്യരല്ല ആർക്കൊക്കെയാണ് ബോധമുള്ള അവരല്ല മനുഷ്യരോ ദേവന്മാരോ അവർക്കെല്ലാം എന്തു വരുന്നു അഹമിതം മമ്മേതോന്നും വരുന്നു ലോക വ്യവഹാരം ലോകരുടെ വ്യവഹാരം വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് സച്ച അയമഹം ഇതിപദേശ വ്യപദേശം എന്ന് വെച്ചാൽ ശബ്ദപ്രയോഗം അയമഹം ഈ ഞാൻ അയമഹം എന്ന് പറയുന്ന വ്യപദേശ ശബ്ദപ്രയോഗം എല്ലാവരും പറയാറുണ്ടല്ലോ ഈ ഞാനം ഈ ഞാനെന്ന് പറയുന്ന ഞാനെന്താണ് അത് ബോധമാണ് നീ എന്ന് പറയുന്നത് ശരീരമാണ് രണ്ടിലേയും കൂടെ ചേർത്തിട്ട് ഈ ഞാനെന്നുള്ളൊരു വ്യവഹാരം ഉണ്ടാവും ശബ്ദ വ്യവഹാരത്തിൻ്റെ ശബ്ദപ്രയോഗം നടത്തും വിപദേശം ശബ്ദപ്രയോഗം പറയുക പിന്നെ അവിടെ തന്നെ അഹമിതം ഇതി എന്നുള്ള ഒരു ശബ്ദം ഇതി അതിനു വിശദീകരിക്കുന്നു ഇതി ശബ്ദിത ശരീരാദ്യ അനുകൂലം പ്രതികൂല പ്രമേജാതും പ്രമാണേന പ്രമായ താദിജിന്നുള്ള ശബ്ദം കൊണ്ട് എന്തർത്ഥം എടുക്കണം ഇതി ശബ്ദസൂചിത് ഇതി ശബ്ദം കൊണ്ട് വ്യക്തമാക്കുന്നു വ്യക്തമാക്കുന്നു ശരീരാത്യ അനുകൂലം പ്രതികൂല പ്രമേയ ജാതം ശരീരാദികൾക്ക് ശരീരം അന്ധക്കരണം ഇതിനൊക്കെ അനുകൂലവും പ്രതികൂലവുമായ പ്രമേയങ്ങള് പ്രമേയ ജാതം പ്രമേയ സമൂഹങ്ങള് പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമാണം കൊണ്ടറിയുന്നത് ഇന്ദ്രിയങ്ങളും മറ്റും കൊണ്ടറിയുന്നതാണ് പ്രമേയം ബാഹ്യ വിഷയങ്ങൾ ഈ വിഷയങ്ങളെല്ലാം പ്രമാണേനെ പ്രമായ പ്രമാണം കൊണ്ടറിഞ്ഞിട്ട് പ്രമാണം കൊണ്ട് യഥാർത്ഥമായി അറിഞ്ഞിട്ട് പ്രമായ എന്ന് വെച്ചാൽ യഥാർത്ഥമായി അറിഞ്ഞു പ്രമാണം കൊണ്ടറിയണമെങ്കിൽ അത് യഥാർത്ഥമായി അറിവായിരിക്കും പ്രമാണം കൊണ്ടെന്ന് പറയുമ്പോ ഇന്ദ്രിയാദികളും മറ്റും എന്താണ് ഈ ശരീരാദികൾക്ക് ശരീര അന്ധക്കരണം ഇതിനൊക്കെ അനുകൂലമായിരിക്കുന്നതും പ്രതികൂലവുമായിരിക്കുന്നതുമായ വിഷയങ്ങളെ അതാണ് പ്രമേയജ് പ്രമാണേന പ്രമേയ പ്രമാണം കൊണ്ട് ശരിയായി അറിഞ്ഞിട്ട് തത് ഉപാദാന പരിവർജനാദി അതിനൊക്കെ സ്വീകരിക്കുക ഒഴിവാക്കുക നിജ അനുകൂലമായതിനെ സ്വീകരിക്കുക ആണ് ഉപാദാനം പ്രതികൂലമായതിന അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഇതിനേയും വ്യവഹാരമെന്നുള്ള എടുത്തോണമെന്ന് പറഞ്ഞു അപ്പൊ വ്യവഹാരമെന്ന് പറഞ്ഞാൽ അഹം ഇതം മമ ഇതം എന്ന് വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല പ്രവൃത്തിയും എടുക്കണം ആ പ്രവൃത്തി എന്നോട് വിശദീകരിച്ചത് ശരീരാദികൾക്ക് അനുകൂലമായിരിക്കുന്ന വിഷയങ്ങളെ അനുകൂലമായതിനെ എടുക്കുക ഉപേക്ഷിക്കുക തുടങ്ങിയവയെല്ലാം പിന്നെ എല്ലാം വ്യവഹാരം എന്ന് പറയും ഈ വ്യവഹാരം എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെയാണ് അധ്യാസം വ്യവഹാരം ഇത് രണ്ടും തമ്മിലാണ് ബന്ധം ആത്മാവും അനാത്മാവും തമ്മിലും ആത്മാവും അനാത്മധർമ്മങ്ങളും തമ്മിലും ഒരു താതാത്മ്യഭ്രാന്തി ഉണ്ടാകും അതിന് ആദ്യമുണ്ടാകുന്നതാണ് ഞാൻ എന്നുള്ള ഈ താതാത്മ്യഭ്രാന്തി ഈ ഞാൻ എന്ന് ഈ ഭ്രാന്തിയോടെ വരുന്നു ശരീരത്തിൽ വരുന്നു പിന്നെ വരുന്നതാണ് കാരണം ഞാൻ എന്നുള്ള ഈ അനുഭവം ശരീരത്തിലും അന്ധകരണത്തിലും ഒക്കെ വരുന്ന ഈ അനുഭവം അവിടെ വരാൻ പാടില്ല കാരണം ബോധം എന്ന് പറയുന്നത് ആത്മാവാണ് പക്ഷെ ഞാൻ എന്ന് വന്നപ്പോൾ അത് ശരീരത്തിൽ വന്നു ബോധത്തിന് അങ്ങനെ രൂപം വന്നപ്പോ പിന്നെ അതേ ശരീരത്തിന് എന്റെതെന്നും വരുന്നു അഹം ഇതം നമ്മം ഇങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ഈ ബോധം തന്നെയാണ് അധ്യാസം ഞാനെന്നുണ്ടാകുന്ന എന്റെ എന്നുണ്ടാകുന്ന ഈ ബോധത്തിനാണെന്ന് പറയുന്നത് അധ്യാസം എന്നുവെച്ചാൽ ഭ്രാന്തി ആ ബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിലായിട്ട് വരുന്നതല്ല രണ്ടിലും കൂടെ വരുന്നതാണ് ഏതിലൊക്കെ ശരീരത്തിലും ആത്മാവിനും കൂടെ ചേർന്നാണ് അങ്ങനെ ഒരു ബോധം വരുന്നത് ഞാനെന്നുള്ള ബോധം വരുന്നത് കേവലം ആത്മാവില കേവലം ശരീരത്തിനുമല്ല ഷികാരൻ പൊതുവായി പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭാഷകാരെ ഇങ്ങനെ പരസ്പര അധ്യാസം സംഭവിക്കുന്നു പറഞ്ഞു അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഭ്രാന്തിയാണ് ആരോപിക്കുകയാണ് അപ്പൊ എന്തിനെവിടെ ആരോപിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ധർമ്മികളെ പരസ്പരം അധ്യസ്ഥി ആരോപിക്കുന്നു എന്നാണ് രണ്ട് ധർമ്മികളെന്ന് പറഞ്ഞു ഇപ്പൊ ശരീരവും ആത്മാവും അപ്പൊ ആത്മാവിൽ ശരീരത്തെ ആരോപിക്കുന്നു ആത്മാവിൽ ശരീരത്തെ ആരോപിച്ചുകൊണ്ടാണ് ശരീരം എന്താകുന്നത് അത് മിഥ്യ ആത്മാവിൽ ശരീരത്തെ അധ്യസിച്ചിരിക്കുന്നോണ്ട് ശരീരം മിഥ്യ സത്യം രജവിൽ സർപ്പത്തെ ആരോപിച്ചുകൊണ്ട് സർപ്പം എന്താകുന്നു മിഥ്യ ഏതെന്നാണോ അധ്യസിക്കുന്നത് മിഥ്യയാണ് എവിടെ ആയി മുത്തുച്ചുപ്പിയിൽ വെള്ളി ആരോപിച്ചു ആരോപിച്ച വെള്ളി എന്താവും ഇത് ഒരുപാട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പോ ആത്മാവിൽ ശരീരത്തെ ആരോപിച്ചാൽ ആത്മാവെന്ന് പറയുന്ന ധർമ്മിയിൽ ശരീരം എന്ന് പറയുന്ന ധർമ്മി ആരോപിച്ചു പക്ഷെ ഇവിടെ അത് മാത്രമല്ല സംഭവിക്കുന്നത് ശരീരത്തിൽ ആത്മാവിനെ ആരോപിക്കുന്നു ശരീരത്തിൽ ആത്മാവിനെ ആരോപിക്കും അപ്പോ ആത്മാവ് എന്താവും മിഥ്യയാവും അന്യോന്യ അധ്യാസം എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു ദോഷം എന്താണോ ആത്മാവിൽ ശരീരത്തെ അധ്യസിക്കുന്നു ആരോപിക്കുന്നു ശരീരം മിഥ്യാണ് ആരോപിച്ചാൽ മിഥ്യാണ് തിരിച്ചും പറയാണ് ശരീരത്തിൽ ആത്മാവിനെ ആരോപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തുവരും ആത്മാവ് ആരോപിച്ച സർപ്പം മിഥ്യയാണെങ്കിൽ ശരീരത്തിൽ ആരോപിച്ച ആത്മാവുമെന്താകും പന്യുന്യധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മിഥ്യും ഭക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും വ്യാഖ്യാതാക്കൾ പറയും രണ്ടും അധ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ ശരീരത്തെ അധ്യസിക്കുമ്പോ ശരീരം എന്ന് പറയുന്ന അതിനെ സ്വരൂപേണ അധ്യസിക്കേണ്ട ശരീരത്തെ തന്നെ ആരോപിക്കേണ്ട അധ്യാസത്തിലൂടെയാണ് ആത്മാവൻ ശരീരം നിലനിൽക്കുന്നത് എന്നുവെച്ച ശരീരം മിത്യാണ് ശരീരം മിഥ്യയാണ് അതുപോലെ തന്നെ ഞാൻ എന്നുള്ള ഈ ഞാൻ എന്നുള്ള ഈ ബോധവും മിഥ്യയാണ് ഇത് ഈ ഞാൻ എന്ന് പറയുമ്പോ അവിടെ എന്ന് പറയുന്നതിനെ ശരീരത്തെ അപ്പൊ ശരീരം മിഥ്യയാണ് ഈ ഞാനെന്ന് പറയുന്നിടത്ത് ശരീരബോധവും മിഥ്യയാണ് രണ്ടും മിഥ്യാണ് പക്ഷെ ഇവിടെ അധ്യാസം രണ്ടടത്തും നടക്കുന്നുണ്ട് തിരിച്ച് ശരീരത്തിൽ ആത്മാവിന്റെ അധ്യാസം നടക്കുന്നുണ്ട് അപ്പൊ ആത്മാവ് ഉണ്ടായി മാറും മിഥ്യയായി മാറും എന്തുകൊണ്ട് ശരീരത്തിൽ അധ്യക്ഷിച്ചു അതിന് സമാനം പറയുന്നത് ശരീരത്തിൽ ആത്മാവിനെ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മ താതാത്മ്യ ശരീരത്തിലുണ്ടെന്നാണ് അതിന് സംസർഗ അധ്യാസം എന്ന് പറയും സംസർഗം എന്ന് വെച്ചാൽ സംബന്ധം ആത്മസംസർഗം ആത്മതാതാത്മ്യോടെ വന്നു ശരീരത്തിൽ വന്നു അല്ല ആത്മാവിനെ സ്വരൂപേണ ശരീരത്തെ അധ്യസിക്കുന്നു എന്നല്ല പറയും എങ്ങനെയാണോ ശരീരത്തെ സ്വരൂപേണ ആത്മാവിൽ അധ്യസിക്കുന്നത് അന്യോന്യ അധ്യാസം ഇവിടെയുണ്ട് പൊതുവെ അങ്ങനെയാ പറയുന്ന അന്യോന്യ അധ്യാസം രണ്ട് ധർമ്മികളുടെ അധ്യാസം പക്ഷെ ഒരു ധർമ്മിയെ തന്നെ മറ്റൊടുത്ത് അധ്യസിക്കുമ്പോ എന്നു വെച്ചാൽ ശരീരത്തെ തന്നെ അങ്ങനെ തന്നെ ആത്മാവിൽ ആരോപിക്കുമ്പോ അവിടെ ധർമ്മിയെ സ്വരൂപേണ അധ്യസിക്കാണ് മറിച്ചങ്ങനെ സംഭവിക്കുന്നു ആത്മാവിനെ സ്വരൂപേണ ശരീരത്തിൽ അധ്യസിക്കുന്നു പിന്നെ എങ്ങനെ ആത്മ താതാത്മ്യം ശരീരത്തെ അനുഭവപ്പെടുകയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് അവിടെ ആത്മതാതാത്മ്യത്തെ അനുഭവപ്പെടുന്ന അല്ല ആത്മാവിനെ അഭ്യസിക്കുക ആത്മസംസർഗത്തെ ആരോപിച്ചിരിക്കുകയാണ് ആത്മാവെന്ന് പറയുന്നത് എന്താണ് അത് സ്വയം പ്രകാശമാണ് സ്വതസിദ്ധമായ ഒന്നാണ് നിത്യമുക്ത ശുദ്ധ സ്വരൂപമാണ് അതാണ് ആത്മാവ് അത് ശരിക്കും അധ്യാസത്തിന് അധിഷ്ഠാനമാണ് അത് മറ്റൊരിടത്തും അത് അധ്യസിക്കുന്നില്ല പിന്നെ അന്യോന്യാത്മകഥ അന്യോന്യം അധ്യസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് ആത്മാവ് അനാത്മാവിൽ അധ്യസിക്കുന്നില്ലെങ്കിലും ആത്മതാതാമ്യം അനാത്മാവിൽ അനുഭവപ്പെടുന്നുണ്ട് ആത്മതാതാമ്യം അന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നു ഉള്ളതായ പുസ്തകം അവിടെ പുസ്തകം എന്ന് പറയുന്നത് ഭൗതികമായ വസ്തുവാണ് അതൊരു ജഡപപരിണാമമാണ് പുസ്തകം അത് ഉള്ളതായ ഉണ്മയിൽ അധ്യസിച്ചിരിക്കുകയാണ് ഉണ്മയിലാണ് നമുക്കത് അനുഭവപ്പെടുന്നത് പുസ്തകം എന്ന് വിടെ എന്ത് ചെയ്തു സത്തയിൽ പുസ്തകത്തെ അധ്യസിച്ചിരിക്കുന്നു അത് ശരിയാണ് സത്തയിൽ പുസ്തകത്തെ അധ്യക്ഷ തിരിച്ചു പുസ്തകത്തിൽ സത്ത അധ്യസിക്കുന്നില്ല അന്യോന്യാധ്യാസം ഉണ്ട് ഇവിടെ പക്ഷെ സത്തയിൽ പുസ്തകത്തെ അധ്യസിച്ചതുപോലെ തിരിച്ച് സംഭവിക്കുന്നില്ല തിരിച്ചങ്ങനെ പുസ്തകത്തിൽ സത്തെ അധ്യസിക്കുന്നില്ല ആരോപിക്കുന്നില്ല പുസ്തകത്തിൽ സത്താരോപിച്ചാൽ എന്ത് സംഭവിക്കും സത്ത് ആരോപിതമാവും മിഥ്യയാവും സത്തയിൽ പുസ്തകത്തെ അധ്യസിച്ചതുകൊണ്ട് പുസ്തകം എന്തായി മിഥ്യ സത്തയിൽ പുസ്തകത്തെ അധ്യസിച്ചു അതാണ് ഉള്ളതായ പുസ്തകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുസ്തകം ഉണ്ട് എന്ന് പറയാം രണ്ടു രീതിയിൽ ഉള്ളതായ പുസ്തകം എന്ന് പറയാം അല്ലെങ്കിൽ പുസ്തകം ഉണ്ടെന്ന് പറയാം അവിടെ എന്ത് സംഭവിക്കുന്നു സത്തയിൽ പുസ്തകത്തെ ഉദ്ധ്യിച്ചിരിക്കുകയാണ് സത്തയിൽ പുസ്തകത്തെ ഉദ്ധ്യസിച്ചുകൊണ്ട പുസ്തകം എന്തായി മിഥ്യ പക്ഷെ അന്യന്യ അധ്യാസം രണ്ടും തമ്മിൽ താതാമ്യം നമ്മുടെ അനുഭവത്തിൽ അപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് മിഥ്യയായ പുസ്തകത്തെയാണ് സത്യമായ പുസ്തകത്തെ എന്നാൽ മറിച്ച് സത്തയെ പുസ്തകത്തിൽ അദ്ധ്യസിച്ചുകഴിഞ്ഞാൽ അന്യോന്യസത്തിൽ ആരോപിതമായ സത്തെന്താവും മിഥ്യയാവും സത് ബ്രഹ്മമാണോ അപ്പൊ മിഥ്യയാവും അതുകൊണ്ട് അവിടെ എന്താണ് പറയുന്നത് പുസ്തകത്തിൽ വരുന്നത് സത്തയുടെ അധ്യാസമല്ല നമുക്ക് സംസ്കൃത അധ്യാസം സംസൃത അധ്യാസം സത്തയുടെ താതാമ്യം പുസ്തകത്തിൽ നമുക്ക് അനുഭവപ്പെടുകയാണ് സ താതാത്മ്യം സാതാമ്യം എവിടെ അനുഭവപ്പെടുന്നു പുസ്തകത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉള്ളതായ പുസ്തകം ഉള്ളത് നമുക്ക് എവിടെ അനുഭവപ്പെടുന്നു പുസ്തകത്ത് അത് സത്തിന്റെ താതാത്മ്യ അനുഭവപ്പെടുകയാണ് സത്തെന്തുകൊണ്ടവിടെ അധ്യസിക്കുന്നില്ല സത്താണ് അദ്ദേഹം സത്തിലാണെന്തായാലും പിന്നെ പുസ്തകം നിക്കുന്നവിടെ സത്തിൽ അതാണ് സർവോപരി നിൽപ്പതൊന്നേ സത്യം പക്ഷെ ആ സത്തക്ക് പുസ്തകമായിട്ടൊരു ബന്ധമുണ്ട് ആ ബന്ധ താതാത്മ്യം സത്താ താതാത്മ്യോടെ വന്നു പുസ്തകത്തിൽ വന്നു ആ താതാത്മ്യം മിഥ്യയാണ് സത്തമിഥ്യ പുസ്തകത്തിൽ വന്ന സത്താ താതാത്മ്യം എന്താണ് മിഥ്യാണ് അതൊരു താതാത്മ്യം എന്ന് പറഞ്ഞൊരു സംസർഗമാണ് ഒരു സംബന്ധമാണ് ഏഹ് സംസർഗ്ഗ അധ്യാസം അപ്പൊ സത്ത പുസ്തകത്തിൽ അന്യോന്യ അധ്യാസം എന്ന് പറയുന്നിടത്ത് സത്ത പുസ്തകത്തിൽ അധ്യസിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താണ് സത്താ സംസർഗം അധ്യസിച്ചിരിക്കുകയാണ് എന്നാണ് പുസ്തകം സത്തയിൽ അധ്യസിക്കുന്നതെന്ന് പുസ്തകം സ്വരൂപേണ സത്തയിൽ അധ്യസിച്ചിരിക്കുകയാണ് പുസ്തകവും മിഥ്യാണ് സത്ത സ്വരൂപേണ പുസ്തകത്തെ അധ്യസിക്കില്ല സത്തമിഥ്യ അല്ല ഈ അധ്യാസത്തിന് അധിഷ്ഠാനം എന്താണ് സത്ത ഇനി സത്തയും പുസ്തകത്തെ അധ്യസിച്ചു പുസ്തകം സത്ത രണ്ടും അധ്യാസമാവും എന്നു പറഞ്ഞ ഇവിടെ എല്ലാം എന്താവും അധ്യസ്ഥമാവും ഭ്രാന്തിയാവും അപ്പൊ അധിഷ്ഠാനം ഇല്ലാന്ന് വരും അധ്യാസത്തിന് അധിഷ്ഠാനം ഇല്ല എന്നാ പിന്നെ ശൂന്യമാണെന്ന് പറയുന്ന ശൂന്യമാകും അത് വരാൻ പാടില്ല അതുകൊണ്ടാണ് രജുസർപ്പ ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് പറയുന്നത് രജ്ജു സർപ്പ സത്യമാണ് സർപ്പം മിഥ്യയാണ് രജുസർപ്പത്തിൽ രജ്ജു സത്യമാണ് സർപ്പം മിഥ്യാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത്ര വിശദീകരിച്ച് ഭാഷ പറയുന്നില്ലെങ്കിൽ നമ്മൾ ഇത് വിശദീകരിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇത്രയും ഭാഗം അപ്പൊ അന്യോന്യാത്മകത അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തെ ആത്മാവിൽ സ്വരൂപേണ് അധ്യസിക്കുകയും ആത്മാവിനെ ശരീരത്തിൽ സംസർഗേണ അധ്യസിക്കുകയും ആത്മ താതാമ്യത്തെ ശരീരത്തിൽ അധ്യസിക്കുന്നു ശരീരത്തെ തന്നെ ആത്മാവിൽ അധ്യസിക്കുന്നു അതാണ് അന്യോന്യ അധ്യാസം രണ്ട് ധർമ്മികളുടെ അധ്യാസം എന്ന് പറയുമ്പോൾ രണ്ട് ധർമ്മികളും പരസ്പരം അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും എന്താവും മിഥ്യ പക്ഷെ ഭാഷയത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെ വ്യാഖ്യാതാക്കൾ ചിന്തിച്ചിട്ടാണ് ഇതിലുള്ള അബദ്ധം മനസ്സിലാക്കിയത് ഭാഷകാരെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ആശയം വ്യക്തമായിട്ട് പരസ്പരം അധ്യസിക്കുന്നു എന്നാകുന്നു നമ്മൾ കാരണ പറയുമ്പോഴും അങ്ങനെ പറയും പരസ്പരം അധ്യസിക്കുന്നു ശരിക്കും പരസ്പരവധ്യാസല്ല സംഭവിക്കുന്നത് ഒരിടത്ത് സ്വരൂപേണ ധർമ്മികധ്യാസവും വേറിടുത്ത് ധർമ്മി താതാത്മ്യം അധ്യസിക്കുകയും ചെയ്യുകയാണ് ആ താതാത്മ്യ ആ സംസർഗ മിഥ്യയാണ് എന്തുകൊണ്ട് കാരണം ഇവിടെയെ അധ്യസിച്ചിരിക്കുന്നത് ശരീരം അത് തന്നെ മിഥ്യയാണ് ശരീരം തന്നെ എന്താണ് മിഥ്യയാണ് അപ്പൊ അതിൽ വരുന്ന സംബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും മിഥ്യയായിരിക്കും അങ്ങനെ ഒന്നുമില്ലല്ലോ ഇല്ലാത്തതുകൊണ്ട് എന്താ സംബന്ധം അസമയം നിത്യമായി കൂടസ്ഥമായി എപ്പോഴും സത്ത് ആത്മ ബ്രഹ്മം ചെയ്യുന്നു ഇതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്